ൂറ താഹ അളവ അരുളാളനും നികരറ്റ അൻപടയോനുമാകിയ അല്ലാഹുവൻ തീരുപ്പരൽ തുവങ്ങേ തുൻപടുവക്കാ നാം ഇന്നു ആണെ ഉം മീത് ഇറക്കില്ലേ അല്ലാഹുക്ക് അഞ്ചുവോരു നല്ലുപദേശമേ അന്തി വേറില്ല ഭൂമിയെയും ഉയർവാന വാനങ്ങളെയും അടൈത്തവനം ഇരുന്ന് അത് ഇറക്കി അരുളപ്പെട്ടത് അർഹ്മൻ എന്നും അവറ്റ അരുളാളൻ അർഷൻ മീതു തൻ ആക്ഷയാക്കിനങ്ങളിൽവയും ഭൂമിയുള്ളവയും ഇവരക്ക് ഇടയേ ഉള്ളവയും മണ്ണുക്ക് അടിയുള്ളവയും അവനുക്കേ ഉറിയനെ വെളിപ്പടയാസേ ആണോ അല്ലാ നിശ്ചയമാ രഹസ്യത്തെയും അറിക മറവങ്ങളിൽപ്പതും അറിക അല്ലാ അവനെ തവര വണക്കത്തുറിയ നായൻവേറില്ല അവനുക്ക് അഴകിയ തൃനാമങ്ങൾക്കും നബിയേ മൂസാവുന്ന വരലാറ്മ്മിടം വന്നതാ അവർ നെരുപ്പെ കണ്ട് തം കുടുംബത്തു സിത് തങ്ങുണ്ടാകാമെ കണ്ടേ ഒരു വേള അതിലിരുന്ന് ഉരികുള്ളിയെ കൊണ്ടുവരവോ അല്ലെ നാം വേണ്ട പാതയെ അൻ നെടുപ്പിൻ ഉദവിയാൽ കണ്ടുപിടിക്കവോ ചെയ്യലും അവർ നെടുപ്പിന് അതേ വന്നപ്പോൾ അഴക്കപ്പെട്ട നിശ്ചയമാണ ഉമ്മു കാലണികൾ ഇരണ്ടെയും കളറ്റിവിടും നിശ്ചയമാനിതമായ പള്ളത്താകിൽ ഇന്നും ൂതരുക ഉമുക്ക് അറിവിക്കപ്പെടുവിയേർപ്പീരമേറു നായൻ ഇല്ല ആകെ എന്നേ വണങ്ങും എന്നെ ധ്യാനി പൊരുട്ട് തൊഴുകയെ നിലനിർത്തവീരുക ഒരാക്കി പ്രതിഫലങ്ങൾ അളിക്കപ്പെടും ന്യായ തീർപ്പുക്ക് ഉച്ചയമാ വരക്കും മറത്തു വയ്ക്ക നാടുകേ നമ്പാതെ തൻ മന ഇച്ചയെ പിൻപറ്റവൻ തടനാ അതെ വിട്ടും ഉമ്മ തീരുപ്പിവിടാം അവൻ അഴിന്നു പോവീർ മൂസാവേ ഉമ്മയ വലതു കയിൽ ഇരുപ്പത് എന്നാഹ് കെട്ടു അവർ ഇത് എന്നു സൊൻ ഇണ്ട് എൻ ആ ഇലകൾ പറിപ്പേൻ ഇന്നും ഇതിൽ കേൾക്കും നെവേറുകേ അതെ കീഴേ എറിയും അവാറേ അവർ അതെ കീഴേ എറിഞ്ഞ അപ്പോൾ അത് ഊർന്ത് ഒരു പെരും പാമ്പായ ഇവൻ കൂറിനാൻ അതെ പിടിയും ഭയപ്പെടാതി ഉടനാം പഴയ നില കീഴ് മീറ്റുവോ ഇന്നും ഉം കയ്യും വിളാപ്പുറമുകൾ എടും അത് ഒളിമിക്കതായ് മാസറ്റെൺമയം ഇത് മറ്റോ അത്താക്ഷിയാകും ഇവർ നമ്മുടെ പരി അത്താക്ഷികളിലിരുന്ന് ചിലവറ്റ ഉമക്ക് കാണിക്കോ അവനിടം നീർച്ച നിശ്ചയമാ അവൻ വരമ്പു മീറിവിട്ടും അല്ലാ കൂറിനാ അതൊക്കെ മൂസാ കൂറിനാർ ഇവനേ എനക്കാൻ നെഞ്ചത്തെ ഉ ഉപക്കി തരുവായാൻ കാര്യത്തെ എളിതാക്കിയും വൈപ്പായാൻ നാവിലുള്ള തായ് മുടിച്ചെയും അവിഴ്പായാ എളങ്ങിക്കൊള്ള കുടുംബത്തിലിരുന്ന് ഉദവി ചെയ്യ ഓർ അമെയും ഏർപ്പെടുത്തി തരുവായാ എൻ സഹോദരർ ധാരൂണെ അവർപ്പെടുത്തി തരുവായാ അവരെ കൊണ്ട് എൻ മു വലുപായാൻ കാര്യത്തിൽ അവരെ കൂട്ടാക്കി വൈപ്പായാൽ ഉന്നെ അധികം അധികം തസ്ബീസ് ചെയ്തു ഉന്നെ അധികം അധികം നിലവൂർ ഇവച്ചയെല്ലാം അരുൾവായാ നിശ്ചയമാ എ നോക്കിയവനാകേക്കൂസാവേ കെട്ടവ കൊടുക്കെട്ട് മുറയും നിശ്ചയമാരും അറിയിക്ക നീൽ നദിയ പോ നദി അതെ കരയേ കുണർന്ന് എറി അങ്ങേ ും അവവനും ആകിയ ഒരുവൻ അവലും പാർക്കപ്പെടുവീ അൻപൊന്നേഴ് കണ്ട് എടുക്കപ്പെട്ട ഉം സഹോദരി നടന്നു വന്ന് ഇവരെ വളർക്കും പൊറപ്പ് ഏറ്റക്കൊള്ള കൂടി ഒരുവരെ ഉണ്ടാക്കി നാൾ അറിവിക്കാൻ കെട്ടാൾ ആകെ നാം ഉം തായാരം അവരുടെ കൺ കുളിർച്ച അടയും പൊരുട്ടും അവർ ദുഃഖമടയാമുട്ടും മീട്ടിനോ പിന്നെ മനുഷ്യനെ കൊണ്ട് വിട്ടീർ അപ്പോഴും നാം ഉം അക്കവലിൽ വിളും അപ്പാൽ പല ആണ്ട്കളാ മദ്യൻവാസുകളിടേ തങ്ങിയിരുത്തീർ മോസാവേ പേർ നം തൂതു തക്ക പരിപരുവത്തെ അടങ്ങിയ ഇന്നും എനിക്കാൻ ഉമ്മ തൂതരുക അട്ടാക്ഷികൾ ധ്യാനിപ്പതിൽ സളക്കാതിരുവരും അവനം ചെല്ലുങ്ക നിശ്ചയമാൻ വരമ്പു നിറവിട്ടും അവനുടം ശാന്തമാല്ലാൽ അതാൽ അവൻ നല്ലുപദേശം പെറലാം അല്ലെങ്കിൽ അച്ചം കൊള്ള തീങ്ങിഴക്ക തീവ്രപ്പെടവോ അല്ല വരമ്പ് മീറവോ ചെയ്യലാം ഭയപ്പെടുക അതൊക്കെ അല്ലാതെ അഞ്ചാം നിശ്ചയമാ നാം വ്യാവറ്റെയും സവിയേപ്പവന പാർപ്പവനാ ഉൾ ഇരുവരുടനും ഇരിക്കുന്നേ ആകെ ഇരുവരും അവനിടം ുംപ്പിൻ തൂതരും അനുപിവിടുത്താക്ഷോ ഇന്നും എവർ നേർവഴിയെ പറ്റോ അവർ മീഡിയ ശാന്തി സലാം ഉണ്ടാവു അട്ടളയിട്ടാണ് എവർ കൊണ്ടുവന്ന പൊയ്പ്പിച്ച് ഏകാതെ പിൻവാങ്ക്ോ അവ വഹിമൂലം അറിയിക്കപ്പെട്ടുള്ളത് കൂറിഞ്ഞു ഇറവൻ യാട്ടൊരു ഇൽപുക്ക് ഏറ്റ അമപ്പളിച്ച് പിന്നെ അതൊക്കെ തക്ക വഴിയെയും കാണിത്താനേ അവനേ എങ്ങനെയുണ്ട് കൂറിനാ അപ്പ മുൻസല നിലമെന്നു കെട്ടു ഇത് പറ്റിയ അറിവ് എന്ന പതിവ് പുസ്തകത്തിൽ ഇറവൻ തവർ ഇല്ലേ മറപ്പതും ഇല്ലേ മൂസാ ബതിൽ അവനേ ഉള്ള ഭൂമിയെ ഒരു വരിപ്പാട് അമും അതിൽ ഉണ്ടാക്കി ഇരേതാക്കിനും വാനത്തിൽ ഇരുന്ന് നീരെയും ഇറക്കിനാണ് ഇം മഴ നീരെ കൊണ്ട് നാം പലവിധമായ താവരങ്ങളെ ജോടി ജോഡിയാ വെളിപ്പെടുത്തുക ഇറവൻ കൂറിനാ അവങ്ങളും ഉണ്ട് ഉൾപ്പെടെയും നിശ്ചയമാറി ഉടയോർക്ക് തക്ക അത്താക്ഷികൾക്കൂമിയോ നാം ഉോ ഇന്നും അതിൽ ഇരുന്ന് നാം ഉണ്ടെ ഇരണ്ടാം നാം നമ്മുടെ അത്താക്ഷികളെയെല്ലാം പുറമുക്ക് കാണിത്തോ ആൾ അവൻ അവല്ലാം നമ്പിക്കൊള്ള മറത്തുവിട്ട മൂസാവേന്യത്തെ കൊണ്ട് എങ്ങനെ എങ്കിൽ വിട്ടുവാ നമ്മിടം വന്നീർ അവൈപ്പോയത്തെ ഉമക്ക് തരനാ ചെയ്തു കാണിപ്പോ ആകെ നാളോ അല്ലെങ്കിൽ മാറ്റം ചെയ്യ മുടിയും നമുക്കും ഉമക്കും ഇടയേ ഒരു വാർത്ത പാട്ട് എല്ലോം വന്ന് കാണക്കൂടി ഒരു സരിയ തലത്തിൽ ഏർപ്പെടുത്തും പണ്ടികളെ ഉണ്ടായ തവണയായും മക്കൾ യാവും ഒന്ന് സേതും മുപ്പകൽ നേരമോ ആകട്ടും അവൻ തെരുയത്തക്കാണ് സൂക്ഷിക്കാരെ ഒന്ന് തരട്ടിക്കൊണ്ട് മീണ്ടും വന്നാൽ അപ്പോഴും മൂസാ സൂന്യക്കാരം ഉള്ളവൻ മീത് പൊയ്യട്ടുകൾ അവൾ അവൻ വേദനയാണ് ഉള്ള അഴിത്ത് എവൻ പൊയ്യാനോ ത അവൻ നെട്ട് അഴിന്ന് വിട്ടാൻ ശൂന്യക്കാരേ താരത്തെ കുറിച്ച് തങ്ങളിടേ വിവാദിത്ത് വിവാദത്തെ രഹസ്യ ആലോചനയായി വയ്ക്കൊണ്ട ശൂന്യക്കാരൻ മക്കളെ നോക്കി നിശ്ചയമാവ്വരും ശൂന്യക്കാരേ തടയ ശൂന്യത്തെ കൊണ്ട് ഉണ്ടെ ഉടൻ നാട്ടിൽ സങ്കുടേ മാര്ക്ക പാതയ പോക്കിവിടേ ഇവ്വരും വരുമ്പകൾ ആകെ ഉൾപ്പെട്ട ഒരു തീർമാനിക്കൊണ്ട് അണി അണിയാ ദിനം എവരുടെ കൈ മേലോണ്ട് നിശ്ചയമ അവർ തണെ കൂറിഞ്ഞേ എറുകവട്ടുമാൂന്യക്കാരർ കേ അത് അവറു േ മുതുകൾ കൂറിന അവർ എറിയവേ അവ കളും അവികളും അവർ സൂനിയാൽ പാമ്പുകളായി നിശ്ചയമാോന് അപ്പോൾ മൂസാ തം അച്ചം കൊണ്ടു മൂസാവേ ഭയപ്പെടാതിലോങ്ങി നിൽപ്പീർന്ന് നാം ഇന്നും ഉം വലതു കയ്യിൽ കീഴേ എറിയും അവർ ചെയ്തങ്ങൾ യാവത്തെയും അത് വിഴുങ്ങിവിടും അവർ ചെയ്ത സൂക്ഷിയേ ആകും ആകെ എങ്കിൽ വെട്ടിപെടമാറ്റിപെട്ടതും വീഴ്ത്തപ്പെട്ട ഹർനുക്കും മൂസാ വൻ മീതേ നിശ്ചയമാ ോീത്ത മരക്കട്ടെകളിൽ ഉണ്ടെ കഴും വേദന കൊടുപ്പതിൽ നമ്മിൽ കടുമയാനവർ യർ അതിൽ നിലയായി യാർ നിശ്ചയമാറിന് കൊള്ളീർ കൂറിനാ മനം തുമ്പിയ അവർ എങ്ങൾക്ക് വന്നുള്ള തെളിവ അത്താക്ഷികളെ വിടവും എ പഠിത്തവനെ വിടവും ഉന്നെവനാ എടുത്തോ ആകെ എോ അവലക്കാൻ കൂറിഞ്ഞ എങ്ങളിൽ തവറുകളെയും എങ്ങനെ നീ കട്ടായ പ്പടുത്തിയേർന്ന സൂന്യത്തെയും എങ്ങനെ മന്നിപ്പറബി മീതു നിശ്ചയമാാൽ ഈമാൻ കൊണ്ടോ അിക്കാനവനാ നിലത്തിരുപ്പവനാമ യവൻ തൻ റബത്തിൽ കുറ്റവാളിയാ വരുകാനോ അവനുക്ക് നരകം നിശ്ചയമാക്കിൽ അവൻ മരിക്കാൻ വാഴവും മാറ്റാൻ ആണോ ഇവർ മോനിനാ സാലികളെ അവനിടം വരുകാരോ അവ പദവികൾ ഉണ്ട് അത്തയവർക്ക് എന്തെങ്കിലും നിലത്തിൽ ഉണ്ട് അവൾ ഓടിക്കൊണ്ടിരിക്കും അവർ അവർ എന്തെങ്കിലും പശിപ്പർ ഇതുവരെ ഇന്നും അടിയാറുടൻ ഇരവോട് ഇരവ പയണം ചെയ്ത് അവർക്കടലിൽ ഉലർന്ന പാതയെ ഉണ്ടാക്കി കൊള്ളവരാണ് പിടിച്ച് വിടുവാൻ ഭയപ്പെടാൻ കടലിൽ മൂഴി വിടുവോം അഞ്ചാമുക്ക് നാം വഴി അറിയിത്തോളും അവന്ടർന്ന അവഴ്കടി മൂഴ്ത്തൻ സമൂഹത്താരെ വഴികെടുത്തേര പാതയെ അവർക്ക് കാട്ടവും ഇല്ല ഇസ്രായേലിന് സന്തരിയറേ നാം തകൈവിനിടം ഇറന്ന് ലക്ഷിത്തോളും ൂർ സിനി മലയൻ വലപ്പിൽ നാം പൗരാ അരുൾൾവ ഇന്നും മണ്ണു സൽവാ ഉണവീതം നാം ഉണ്ടോ അനവറ്റിൽ നിന്ന് ഉണ്ണുങ്ങൾ അതൊക്കെ നന്ദി സെലത്താമ അഴിചാട്ടിയം ചെയ്യാതീ അപ്പിടി ചെയീകളിൽ ഉൾമീത് കോപം ഇറങ്ങിവിടും ഇവൻ മീത് എൻ കോപം ഇറങ്ങുക വീഴുവാണ് ഇന്നും നിശ്ചയമായ യവൻ തൗബാ ചെയ്തു മന്നിപ്പ് കോരി പാവത്തിൽ കൊണ്ട് നല്ല നേർവഴിയെ നിലത്ത് നാ മികവും മുന്നിപ്പവനാൻ കൂറിനോ മോസാവേ ഉം സമൂഹത്താരെ വിട്ട് ഉമ്മ ഇവ സീക്കരം വരെയുവരച്ചത് യാത് എ മലയ്ക്ക് അവർ വന്നപോലെ അല്ലാ കെട്ടു അവർ അവം അടിച്ച് വട്ടേ വരുക വരെയും നിശ്ചയ സമൂഹത്താരെ സോദിത്തോ ഇന്നും അവമിരി വഴികെടുത്ത് വിട്ടാം അല്ലാ കൂറിഞ്ഞ വിശദമും കൊണ്ടവരായി സമൂഹത്താരിടം തന്നു സമൂഹത്തവർ ഉടുക്കില്ല അവൻ വാക്ക് അലം അധികമായി വിട്ടതാ അല്ലെങ്കിൽ ഉള്ള മീഡിയ കോപം ഇറങ്ങും വരും കൊടുത്ത വാക്ക് മാറു ചെയ്താൽ ഉങ്ങൾക്ക് കൊടുത്തിരുന്ന വാക്ക് ശക്തിയെ കൊണ്ട് മാറു ചെയ്യില്ല ആണോ സമൂഹത്താറു അലങ്കാര ആഭരണങ്ങളിൽ ഇരുന്ന് ചില സുഖം കൊണ്ട് സമത്തപ്പെട്ടോ ിൽമിയും എറിഞ്ഞാ അവരുടെ വെളിപ്പെടുത്തി ഓസെയുടേതും ഇതെ കണ്ട സിലർ ഇത് ഉണ്ടായ നായൻ ഇന്നും ഇതുവേ മൂസാവും നായനും ആകും ആണോ അവർ ഇതെ മറന്ന് വിട്ടു അവർ മറുപടി എം വില്ലും അവ അത് നന്മയോ തീമയോ ചെയ്യ ശക്തി അറ്റത് എം അവർ പാകവില്ലേ അവ സമൂഹത്തവറേ നിശ്ചയപ്പെട്ട നിശ്ചയമാ റഹ്മാനേ ആവാൻ എന്നെ പിൻപറ്റുകൾ ഇന്നും കട്ടളയ്ക്ക് കീഴ്പടിയുങ്ങൾ കൂടിയ മൂസാ എങ്ങളുടെ വരും വരെയും ആരാധനയെ നൃത്തമാറ്റോം തന്നെ സഹോദരം ഹറൂനേ ഇവർ വഴി കേടുക അവധന ഉണ്ടെങ്കിൽ തടഞ്ഞ പിൻപറ്റിയിരുക്ക വേണ്ടാ അവ കട്ടയെ മീറുക മകനെ എൻ ദിയയോ എൻ തല മുടിയോ പിടി ഇളക്കാതിരായ പ്രിവിനയെ ഉണ്ടാക്കി വിട്ടീൻ വാർത്തക്കാൻ കാത്തിരിക്കോ നിശ്ചയമാഞ്ചിനേ ഉൻ വിഷയം എന്നെ നാണ്ടേ ആകെ നാതർ കാലത്ത് ഒരുപടി മണ്ണാ പിടി അത് എറിന്തേ അവവിധം ചെയ്ത മനം എനിക്ക് അഴകാ ചെയ ആക്കി സാമ്രിയോ ബതിരുന്ന് പോയിവിടു നിശ്ചയമാഴ്ക്കയിൽ എവരെ കണ്ടാലും എന്നെ തീണ്ടാദീർ പ്രിവത്താ ഉനക്ക് ഉള്ളത് മറുടയിൽ നിശ്ചയമാനക്ക് വാക്കിക്കപ്പെട്ട വേദനയും ഉണ്ട് അതെ വിട്ടും നീ തപ്പായ തരിപട്ട് ആരാധന ചെയ്തു കൊണ്ടിരുന്നായേ അന്നായനെ പാർ നിശ്ചയമാുട്ടരി പിന്നലാക്കി അതെ കടലിൽ പരട്ടി വിടുവോം എന്നു നായൻ എല്ലാത്താൽ കൂറിനാ നബിയേ ഇവറെ മുൻസെങ്കിൽ വരലാ നാം ഉമക്ക് കൂടുകോലും തട്ടു നമ്മിടം ഇരുന്ന് നിലവൂട്ടും നൽ ഉപദേശത്തെ ഇപ്പുറണെ നാം നമുക്ക് കൊടുത്തിണിക്കുന്നോ അവൻ ധ്യാമാലിൽ പാവച്ചുമയായി അപ്പടിവർ എന്നാലും ത്യാമനാളിൽ ഇച്ചുമായി അവട്ടത് സൂ എക്കാലം ഊറപ്പെടും നാൾ അത് കുറ്റവാളികളെ ഭയത്തിനാൽ നീലം പൂത്ത കണ്ോ നാം അതിൽ ഒന്ന് ഭൂമിയും തങ്ങിയതില്ലേ അവടിയ രഹസ്യം പേശിക്കൊളവ് നാളെ അഞ്ചി അധികമാ നൽവഴിയും നാം നനറിവോ ഇന്നും അവർ കമിൻ പോ മലകളുടെ നില എന്നത് പറ്റി ഉന്നിടം കേൾക്കുന്നു അറബു അവരത്തി വിടുവാൻ നമ്പിയേ അവം കൂടുവീരാണ് അവ സമവെളിയാക്കി വിടുവണയോ സേയോ കൂടെ കാണമാറ്റിൽ അവർ മൂലം അഴപ്പവരെയേ പിടത്തിൽ എന്താ കോണൽ തന്മയും ഇല്ല ഇന്നും അവളെ അഞ്ചി എല്ലാ സബ്ദങ്ങളും ഒടുങ്ങി വിടും കാലുകൾ മെതുവായി അടിയെടുത്ത് വയ്ക്കും സബ്ദത്തെ തവരും മാറ്റീരി അർഹ്മെ എന്ത് കൊ അവ പരി പളിക്കാറ് അവൻ ഇരുപ്പതും അവർക്ക് പിന്നാലും ഇരുപ്പതയും അവർ നനു അറിവാണ് ആനാ അവർ അതെ തന്നെ കൽവി അറിവ് കൊണ്ട് സൂന് അറിയ മാറ്റും നിലത്തവനാകിയ നിക്കിയ ജീവിയനാണ് അല്ലാഹുക്ക് യരുടെ മുഖങ്ങളും പണിന്ന് താഴ്ന്നുവിടുമത്തെ സുമെന്ന് കൊണ്ടാ അവൻ നപ്പേറെ ഇളന്നവനായി വിടുവാനായി നെലുകളോ അവർ തമക്ക് അനുയായം ചെയ്യപ്പെടും നക്കൂലി കുറഞ്ഞ വിടും ഭയപ്പെടാ ഇവവിധമാകേ ആണെ അറബി മൊഴിയും നാം ഇറക്കി വെച്ചോ അവർ ഭയവത്തെ ഉടയവുകള ആകുംപൊരു അല്ലെങ്കിൽ നൽകുപദേശത്തെ അവർക്ക് നിലവൂട്ടും പൊരുട്ട് അവരി വിവരിത്തോ ആകെ ഉനാകിയ അല്ലാ മിക ഉയർന്നവൻ ഇന്നും നബിയേ ഉമുക്ക് കുർണാനിൽ വഴി അറിയിക്കപ്പെട്ട് അത് മുടി ഓതനീർ അവസരപ്പെടാതിൽവിണത്തെ അധികം നീർ പ്രാർത്ഥന ഇലീഷെ ത അവജൂത് ചെയ അവ നിമക്കുംടിയ മനവിക്കും പകൈവനാവും ആലാൽ ഉൾപ്പെടെയും ഇച്ചുവനപതിയിലിന് ഇടം തരവണ്ടാം ഇന്നേൽ പെരും ഇന്നലുക്ക് ഉള്ളാവി നിശ്ചയമാർക്കത്തിൽ നിർവണമാവോട്ട് കഷ്ടപ്പെടും അവർക്ക് ഊസാട്ടത്തെയും കുഴപ്പത്തെയും ഉണ്ടാക്കി ആരമേ നിത്യ വാൾവഴിക്ക് മരത്തെയും അഴിമില്ലാതെ ഉമക്ക് നാ അറിവി തരവാൻ ആശയ വാർത്ത ഉടനെ അവൻകലങ്ങളും ഇവർ ആദം നമ്മുടെ റപ്പുക്ക് മാറു വഴി പിസകി വിട്ടു അപ്പാൽ അവർ കൌബാ ചെയ്യവേ അവരുടെ അവരെ തൻ അരുവരായി തേർന്നെടുത്തേറ്റ അവരെ നേർവഴിയിൽ ഉറിയാക്കേഖരമാ ഇങ്ങനെ വെളിയേറിയിടുങ്ങൾ ഉള്ള തന്നടികളിൽ ചിലർക്ക് ചിലർ പകൈവുകള നിശ്ചയമായ എന്നിടം ഇരുന്ന് ഉണ്ടു നേർവഴി വരും എവർ എന്നേർവഴിയെ പറ്റി നടക്കുന്നോ അവർ വഴി തവറവുമാട്ടേറെ ഇളക്കവുമാട്ടവൻ എന്ന ഉപദേശത്തെ പുറക്കണിക്കാനോ നിശ്ചയമാ അവ നെടുക്കടിയാണ് അവനെ ത്യാമനാളിൽ കുരുടനാ എഴുപ്പവോം കൂറിനാൻ അപ്പോൾ അവൻ ഇറവനെ നാൻ പാർവനാ എന്നെ ഏൻ കുരുടനായി എഴുപ്പിനാണ് അതൊക്കെ ഇറവൻ ഇവവിധം താൻ ഇരു നമ്മുടെ വസനങ്ങൾ ഉന്നിടം വന്ന അവ മറന്ന് വിട്ടായ് അവയ ദിനം നീയും മറക്കപ്പെട്ടു വിട്ടായ് കൂടുവാണ് വസനങ്ങളിൽ നമ്പികൾ വരമ്പുടീ നടക്കുന്നോ അവതാം നാം കൂലി കൊടുപ്പോലും മറുപടിയൻ വേദന മികവും കഠിനമായതും നിലയു നാം എത്തണയോ തലമുറയെ അഴിത്തോം എന്നത് ഇവർക്ക് പഠിപ്പിനെ കണ്ട് നേർവഴി കാട്ടില്ല അഴിഞ്ഞ പോകുന്ന ഇടങ്ങളിലാണ് ഇവർ നടക്കുക നിശ്ചയമാറി ഉടയോർക്ക് അത്താക്ഷികൾ ഉള്ള അവരണയം വന്നിട്ടും അവർക്കൊരുവീരും സൂര്യൻ ഉദിപ്പതും അത് അടും ഇരവൻ നേരങ്ങളിലും ഉമ്മൻ പുഴ തുതി തൊഴുകീരുകയും ഇവരെ തുതി ചെയ്തു തൊഴു വീര നന്മകൾ അടുന്നി പെരുന്നീർ ഇവയെല്ലാം അവ നാം കൊടുത്തുള്ള ഉലകയൻ അലങ്കാരങ്ങളാകും ആനാ ഉം ഇറവൻ ഉമുക്ക് അളിത്തി ഉണവും നിലമിക്കതും നിലയാനതുമാകും നവിയേ ഉം കുടുംബത്തിനെ തൊഴുതുവരുമാറുവീരുക കൊഴുകയും ഉം കൊണ്ടുപീരം ഉണവില്ല അത്താക്ഷിയെ ഏർ നമ്മുടെ കൊണ്ടുവരവില്ല നിരാകരിപ്പോർ കേന്ദ്ര മുന്താണ് അത്താക്ഷികൾ അവർക്ക് വരവില്ല ഇന്നും നം തൂതർ വരുമ്പോൾ നാം ഇവർ വേദന അഴിത്തരുന്ന അവപ്പേ എങ്ങൾക്ക് ഒരു തൂതരീ അപ്പിടക്ക വേണ്ടാമ അവവല പടുവൻ വസനങ്ങളെ പിൻപറ്റിപ്പോൾ നബിയേ ഇറതി നാളെ അനവരും എതിർ പാർട്ടിപ്പവേ ആകെ നിങ്ങളും എതിർ പാർത്തരുടെയാണ് നേർവഴി അറിഞ്ഞ വിട്ടവർ യാർ എം കിടന്ന അറിഞ്ഞുകൊള്ളീ എന്ത് കൂറുവീരായി